പിന്നാക്കി വെക്കപ്പെട്ട മൂന്നുപേരുടെ കാര്യത്തിലും അവൻ പശ്ചാത്താപം സ്വീകരിച്ചു വിശാലമായ ഭൂമി അവർക്കിടുങ്ങിയതായി തോന്നുകയും അവരുടെ മനസ്സുകൾ അവർക്ക് പ്രയാസകരമാവുകയും അള്ളാഹുസുബഹാനഹുവ ചായാലയിലെ കൊഴികെ മറ്റൊരിടത്തും അഭയമില്ലെന്ന് അവർ കരുതുകയും ചെയ്തപ്പോൾ അവർ പശ്ചാത്തപിക്കുന്നതിനായി അവൻ അവർക്ക് പശ്ചാത്താപം നൽകി തീർച്ചയായും അള്ളാഹുസുബഹാനുഹുവ ചായാല പശ്ചാത്താപം സ്വീകരിക്കുന്നവരും കരുണാനിധിയുമാണ്